അഥവാ സമീ സമീചന ജ്ഞാന സാരൂപ്യം അനയോഹോ ഗ്രഹ്യമാണ വ്യവഹാര പ്രവൃത്തി സത്താ മാത്രയാണ് താർക്കികന്മാര് അഖ്യാധിവാദിയോട് ചോദിക്കുകയാണ് പറഞ്ഞു കേട്ടറ്റ് അഖ്യാധിവാദി എന്താ പറഞ്ഞിവിടെ ഭ്രമം ശരിക്കും സംഭവിക്കുന്നുണ്ട് എന്നാലും ലോകരചന ബ്രഹ്മെന്ന് പറയുന്നു അതുകൊണ്ട് അവരും ബ്രഹ്മം എന്ന് പറയും ഇതന്റെ രചതോന്ന് ഭ്രമം എന്ന് പറയും ഇനി കടയിൽ പോയി രഹിതം കാണുമ്പോൾ പറയുന്ന അറിവുണ്ടാവുന്നത് യഥാർത്ഥമാണ് അവിടെ രണ്ട് ജ്ഞാനങ്ങളാണ് ഒന്ന് യഥാർത്ഥ ജ്ഞാനം ഒന്ന് യഥാർത്ഥ ജ്ഞാനം ഇതം എന്നാണ് അത് പ്രത്യക്ഷമാണ് ആ ജ്ഞാനമുള്ള ഒരാൾക്ക് ഇതം രജതം ഇതിൽ നിന്ന് വേറെയാണ് രജതവും ബോധമില്ല എന്നാ അഭേദമായിട്ടാ പറയുന്നത് ഇത് ഭേദജ്ഞാനം ഇല്ല രണ്ടെങ്കിലും ഇപ്പൊ ഭേദാഗ്രഹമുണ്ട് ഭേദാഗ്രഹം എന്ന് വെച്ചാൽ തുല്യമായ അതിന്റെ സാദൃശ്യം ബ്രഹ്മസ്ഥലത്തുണ്ടെന്നാണ് പറയുന്നത് ഇതന്റെ ഇതോന്നുതന്നെ അവിടുത്തെ അനുഭവം പക്ഷെ യഥാർത്ഥ സ്ഥലത്ത് ഇതര പ്രത്യക്ഷമാണ് ബ്രഹ്മസ്ഥലത്ത് ഇതന്റെ ഹുതമെന്ന് പറയുന്ന ഇതം പ്രത്യക്ഷവും രജതം സ്മൃതിയുമാണ് അവിടെ ഇതോ എന്ന് പറയുന്ന പ്രത്യക്ഷ ജ്ഞാനം രജതസ്മൃതി ഇതോ എന്ന് പറയുന്ന പ്രത്യജ്ഞാനത്തിന്റെ വിഷയമായ വസ്തു രജതസ്മൃതിയുടെ വിഷയമായ രജതം അപ്പൊ ഇവയ്ക്ക് ഈ ജ്ഞാനത്തിന് സ്മൃതിക്കും പ്രത്യക്ഷത്തിന്റെ വിഷയത്തിനും സ്മൃതിയുടെ വിഷയത്തിനും ഭേദമുണ്ടെന്നുള്ളത് ഈ ഭ്രമിക്കുന്നാണെന്നറിയില്ല അപ്പൊ ഇവിടെയും ഭേദാഗ്രഹമുള്ളൂ യഥാർത്ഥ സ്ഥലത്തുള്ള ഭേദാഗ്രഹത്തിന്റെ സാദൃശ്യ കൂടെ വരുന്നു ആ ഭേദാഗ്രഹ സാദൃശ്യ ഉള്ളത് കൊണ്ടാണ് ഹിതം പ്രഹിതമെന്ന് സമാന വിഭക്തി ശബ്ദം പ്രയോഗിക്കുന്നതും അത് കുഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നതും ഇതാണ് പ്രഖ്യാപിക്കുന്നത് ഇവിടെ ശബ്ദം പ്രയോഗിക്കുന്നതിനും പ്രവൃത്തിക്കും കാരണമായിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ഭേദാഗ്രഹം എന്ന് വെച്ചാൽ ഭേദജ്ഞാനഭാവം അഭാവം ഒരിക്കലും പ്രവൃത്തിക്ക് കാരണമാവത്തിൽ അതുകൊണ്ട് സാദൃശ്യത്തെ ചന്ദ്രനെപ്പോലെയാണ് മുഖം എന്ന് പറയുമ്പോൾ ചന്ദ്ര സാദൃശ്യ മുഖത്തിപ്പറയാണ് അത് സാദൃശ്യം എന്ന് പറയുന്ന ഒരു ധർമ്മത്തെ പറയുന്നു ഇതുപോലെ യഥാർത്ഥ രചത ജ്ഞാനമുണ്ടാകുമെന്ന് പറയുന്ന വേദാഗ്രഹത്തിന്റെ സാദൃശ്യം ബ്രഹ്മസ്ഥലത്തു നിന്നിരുന്നു അതുകൊണ്ടവിടെ കുഞ്ഞെടുക്കാൻ പോകുന്നു ഇത് രഹിതമെന്ന് ജ്ഞാനമുണ്ടായി പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ആഴത്തുള്ള ഒരു ചോദ്യം ചോദിക്കും ആഴത്തുള്ള ചോദ്യം എന്ന് പറയുന്നു അഖ്യാതിവാദിയോട് അനിതാഖ്യാതിവാദി ചോദ്യമാണ് അഥാ സമീചിത ജ്ഞാന സാരൂപ്യം അനയോഹോ ഗ്രഹ്യമാണ് വാ വ്യവഹാരപ്രവർത്തികേതു അഗ്രഹ്യമാണമാ സപ്താ മാത്രമേ പറഞ്ഞു യഥാർത്ഥ ജ്ഞാന സ്ഥലത്തുള്ള ഇതരഭേദാഗ്രഹം അല്ലെങ്കിൽ വിഭേദാഗ്രഹം അല്ലെങ്കിൽ ഭേദാഗ്രഹം ആ ഭേദാഗ്രഹത്തിന്റെ സാദൃശ്യം ബ്രഹ്മസ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു ത്തെ നിങ്ങൾ അറിയുമ്പോഴാണോ അത് പ്രവൃത്തിക്ക് കാരണമാവുന്നത് അതോ സാദൃശ്യം ഉണ്ടായിരുന്ന മതി നിങ്ങളറിയണമെന്നില്ല അങ്ങനെ സാദൃശ്യം ഉണ്ടായിരിക്കുക നിങ്ങൾ അറിയാതിരിക്കുമ്പോഴാണോ പ്രവൃത്തി ഉണ്ടാവുന്നതാണ് സാദൃശ്യമാണ് പ്രവൃത്തിക്ക് ഹേതുവെന്ന് പറഞ്ഞത് സാദൃശ്യത്തെ കുറിച്ച് റിഞ്ഞ് ആ സാദൃശ്യ ജ്ഞാനമാണോ പ്രവൃത്തിയേതു അപ്പോ സാദൃശ്യ കൊണ്ട് അറിയുന്നില്ല അപ്പോ അതിനെ സാദൃശ്യത്തിന്റെ സത്ത എന്ന് പറയാം അതാണോ പ്രവൃത്തിക്ക് ചെയ്തു ഇപ്പൊ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുന്നു അപ്പൊ ഈ സംസാരിക്കുന്നതിന് ഹേതു എന്താണ് നിങ്ങളെല്ലാരും എന്റെ മുമ്പായിരിക്കുന്നു പക്ഷെ നിങ്ങളെല്ലാരുടെ മുമ്പ് ഇരിക്കുന്നില്ല ഞാനത് അറിയുന്നില്ല അറിയുന്നില്ലെങ്കിൽ ഞാനിത് സംസാരിച്ചോണ്ടിരിക്കൂ സംസാരിക്കൂ ഇവിടെ എന്തോന്നു നിങ്ങളെല്ലാം ഇവിടെ മുമ്പിലുണ്ട് എന്നുവെച്ചാൽ നിങ്ങളുണ്ട് നിങ്ങളുടെ സത്ത ഉണ്ട് പക്ഷെ നിങ്ങൾ മുമ്പിലുണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല അപ്പൊ സംസാരിക്കുകയെന്ന് പറയുന്നതിൻ്റെ പ്രവൃത്തിക്ക് എന്താണ് നിങ്ങളുടെ സത്തയല്ല കാരണം പിന്നെയോ നിങ്ങളുണ്ടെന്നുള്ള ആ സത്തയല്ല നിങ്ങളുണ്ടെന്നുള്ള അറിവാണ് കാരണം ഇവിടെ ഇതാണ് ചോദിക്കുന്നത് സത്തയാണോ പ്രവൃത്തിക്ക് കാരണം അതോ അതിനെ കുറിച്ചുള്ള അറിവാണ് സത്താന്ന് വെച്ചാൽ അത് ഉണ്ടായിരിക്കുക അറിയാതിരിക്കുക സത്താന്ന് വെച്ചാൽ നിങ്ങളെല്ലാം അവിടെ ഉണ്ടായിരിക്കുക ഞാൻ അറിയാതിരിക്കുക അതുകൊണ്ടാണോ ഞാൻ സംസാരിക്കുന്നത് അതോ നിങ്ങളെല്ലാം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ ഞാൻ സംസാരിക്കുന്നത് ചില കാരണങ്ങൾ എന്താണോ എന്റെ ഇപ്പൊ ഞാൻ ഇപ്പോ തന്നെ സംസാരിക്കുന്നു നീ സംസാരിക്കുന്നതിന് നിങ്ങളെല്ലാം കാരണമാണ് അപ്പം നിങ്ങളുടെ സത്ത അല്ല നിങ്ങൾ കൊണ്ടെന്നുള്ള എന്റെ അറിവുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എവിടെയാണ് സംസാരിക്കുന്നു ഞാൻ സംസാരിക്കുന്നതിന് വേറൊരു കാര്യമുള്ളൂ എന്താണോ എന്റെ ശരീരത്തിലുള്ള കോശങ്ങൾ എന്റെ ശരീരത്തിൽ എത്ര കോശമുണ്ട് മുപ്പത്തിയഞ്ച് ട്രില്യൺ കോശങ്ങളുണ്ട് ട്രില്ല്യെന്ന് പറഞ്ഞറിയോ മില്യൺ പത്ത് ലക്ഷം ബില്ല്യൻ അതും കഴിഞ്ഞ ട്രില്ല്യൻ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല അത്രയും കോശങ്ങൾ എന്റെ ഓരോ കോശവും ഒരു ഫാക്ടറി ആണ് ഒരുപാട് പ്രവർത്തനം നടക്കുന്നുണ്ട് എന്റെ ഉള്ളിലിരിക്കുന്ന ഈ കോശങ്ങളുടെ പ്രവൃത്തിയുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും ഈ കോശങ്ങൾ പ്രവർത്തിയില്ലെങ്കിൽ ഞാനല്ല സംസാരിക്കില്ല അതുകൊണ്ടാണ് ഈ ചത്തുകഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കുക അമ്മയാണ് എന്റെ ശരീരത്തിലുള്ള പിന്നെ പ്രവർത്തിക്കില്ല അപ്പോ ഒരു ആണ് ഈ കോശങ്ങളുടെ സത്തയാണോ എന്റെ പ്രവൃത്തിക്ക് കാരണം അതോ ഈ കോശങ്ങളെ കുറിച്ചുള്ള എന്റെ അറിവാണോ പ്രവർത്തിക്കും കാരണം സംസാരിക്കാന്ന് പറയുന്ന പ്രവൃത്തിക്ക് കാരണം എന്താണ് എന്റെ ഉള്ളിലിരിക്കുന്ന കോശങ്ങളുടെ സത്തയാണോ അതോ അതിനെ കുറിച്ചുള്ള എന്റെ അറിവാണോ എന്താണ് പ്രവർത്തിക്കും കാരണം എന്താണ് ഏ എന്താണ് ഒരു ബോധമില്ലാത്ത ആൾക്കാർ ഒരു ബോധമില്ലാത്ത ആൾക്കാർ മെഴുങ്ങസ്യാന്നും പറഞ്ഞിരിക്കുന്നു എന്റെ ചോദ്യത്തിന് ഉത്തരം പറയുക വെറുതെ അത് ഞാൻ വെറുതെ കിടന്ന് പണിയെടുക്കും എന്റെ തൊണ്ട വേദനിക്കുന്നു എന്നുള്ള ഒരു പ്രയോഗമൊന്നുമില്ല എന്റെ ശരീരത്തിൽ മുപ്പത്തിയഞ്ച് ട്രില്ല്യൻ കോശങ്ങളും മനസിലായ പറഞ്ഞു ഈ കോശങ്ങളിൽ ഓരോ കോശവും ഫാക്ടറിയാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും ഈ കോശങ്ങള് പ്രവർത്തിച്ചാലേ എനിക്ക് സംസാരിക്കാൻ പറ്റും അത് സംശയമൊന്നുമില്ല അപ്പൊ എന്റെ ഈ സംഭാഷണമെന്ന് പറഞ്ഞ പ്രവൃത്തി ഏതോ ഈ കോശങ്ങളുടെ സത്യയാണോ അതോ ഈ കോശങ്ങളെ കുറിച്ചുള്ള എന്റെ അറിവാണോന്നോ ഞാൻ ചോദിച്ചു എന്തും മനസ്സിലാകുന്നുണ്ടോ ചോദിച്ചതിന് ഉത്തരം പറയൂ രണ്ട് ചോദ്യമുള്ളൂ പിന്നെ സത്യാണോ അതോ സത്യം എന്റെ സത്യാണോ അതോ ഇതിനെക്കുറിച്ചുള്ള ബോധമാണോ എന്റെ എന്താണ് എന്റെ പ്രവർത്തിക്കുകയത് ഇതിന്റെ സത്യയാണോ എനിക്ക് ഒരു കോശത്തിന്റെ പ്രവൃത്തിയൊന്നും അറിയത്തില്ല എന്റെ ശരീരത്തിൽ ഒരു കോശം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയണമെങ്കിൽ എന്ത് വേണം ഞാൻ ബയോളജിയിൽ പി എച്ച് ഡി എടുത്താലും പറ്റിയത് ഒരു കോശത്ത് അപ്പോ ഏ ഞാൻ ഈ സംസാരിക്കുക എന്ന് പറയുന്ന പ്രവൃത്തിക്ക് ഹേതുവായിരിക്കുന്നത് എന്താണോ എന്റെ ഉള്ളിലിരിക്കുന്ന ഈ കോശങ്ങളുടെ സത്തയാണ് അതവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാതെ അതിനെ അറിഞ്ഞിട്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത് അത് നടക്കുന്ന കാര്യമാണ് മുപ്പത്തഞ്ഞിട്ടുള്ള കോശങ്ങളുടെ പ്രവർത്തനങ്ങൾ ആർക്കെങ്കിലും അറിയാൻ പറ്റും ഒരു കോശത്തിന്റെ അറിയാൻ പറ്റില്ല സംസാരിക്കുക എന്ന് പറയുന്ന എന്റെ പ്രവൃത്തിക്ക് ഹേതുവായിരിക്കുന്നത് എന്റെ കോശങ്ങളുടെ സത്തയാണ് എല്ലാ സത്തേ ആ കോശങ്ങളെ കുറിച്ചുള്ള എന്റെ ജ്ഞാന മനസ്സിലായ ഞാൻ ഈ ഒരു കോശങ്ങളുടെ പ്രവർത്തനം അറിഞ്ഞിട്ടാണോ ഞാൻ സംസാരിക്കുന്നത് അതോ കോശങ്ങൾ എവിടെ നിന്ന് പ്രവർത്തിച്ചിട്ടാണോ ഞാൻ സംസാരിക്കുന്നത് എന്റെ ചോദ്യത്തിന് ഇത്തരം പറയുക തെങ്ങിന്റെ ചോട് കളയ്ക്കാൻ പറഞ്ഞാൽ മേണിക്കയറി കളിക്കണം മണ്ടക്കും കയറി കളിക്കണം മൺവട്ടിയും കൊണ്ട് ചോട് കളിക്കും മനസിലായ ഏഹ് ഈ പറഞ്ഞ മനസിലായ ചോട്ടിക്കളയ്ക്കാൻ പറഞ്ഞാൽ എന്തു ചെയ്യണം ചോട്ടിക്കളക്കും മേണിക്കറി മൺവട്ടി വൈകുന്നേരം കൂടിക്കുട്ടത്തിൽ അതാണ് നമ്മുടെ കുഴപ്പം ചോദിക്കുന്ന കാര്യത്തെ കുറിച്ചല്ല ചിന്തിക്കും എന്റെ ജീവിതത്തിൽ കോശങ്ങളുണ്ട് ഈ കോശങ്ങൾ പ്രവർത്തിച്ചാലേ എനിക്ക് സംസാരിക്കാൻ പറ്റും അത് ജീവശാസ്ത്രമാണ് എന്റെ ബയോളജിയാണ് അത് എനിക്ക് ചോദ്യീതാണ് ഈ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അറിവാണോ ഞാൻ സംസാരിക്കുന്ന പ്രവൃത്തിക്ക് കാരണമെന്നാണ് ചോദിച്ചത് ചോട്ടി തന്നെ കളിക്കുന്നു അതിന്റെ സത്ത എന്നുവെച്ചാ എന്റെ പ്രവർത്തനങ്ങൾ അതവിടെ പ്രവർത്തിക്കുന്നു ആ സത്ത ഉള്ളതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ അപ്പൊ ഈ പ്രവർത്തിക്ക് ഹേതുവാന്ന പലയിടത്തും പലതരത്തിലാണ് നിങ്ങളെല്ലാം മുമ്പ് ഇരുന്നാ പോരാ എനിക്ക് പ്രവർത്തിക്കാം എനിക്ക് സംസാരിക്കാൻ പറ്റില്ല പിന്നെ എന്തുവേണം ഞാൻ സംസാരിക്കണം എന്തുവേണം നിങ്ങളുടെ ജ്ഞാനം വേണം അവിടെ സത്തം പോരാ പക്ഷെ പിന്നിലാണെങ്കിലോ എന്തു മതി സത്ത മതി മനസിലാവും ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കാരണമാകുന്നത് ചിലപ്പോ അതിനെക്കുറിച്ചുള്ള അറിവായിരിക്കും ചിലപ്പോ എന്തായിരിക്കും സത്യം ഇത് പറയാനാണ് ഈ ഉദാഹരണം പറഞ്ഞത് ആ ഉദാഹരണം മനസിലാക്കിയാലേ ഈ പറയുന്ന കാര്യം മനസിലാകത്തുള്ളു മനസിലാക അതി കുത്തിപ്പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മനസ്സിലാകത്തിരുന്നു അപ്പോ പ്രവർത്തക്ക് കാരണമാവുന്ന എങ്ങനെയാണ് ചില സ്ഥലത്ത് ചെറുത്ത് ആ കരണത്തിന്റെ സത്യയാകാം ചെലടത്ത് എന്തിന്റെ പോയി സാദൃശ്യമൊന്നും ഞാൻ അവിടെ പറയുന്നില്ലല്ലോ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കുക പ്രവർത്തിക്ക് കാരണമായിരിക്കുന്നത് എന്തോ അതിന്റെ സത്ത ചെലപ്പ പ്രവർത്തിക്ക് കാരണമാരിടത്തേക്ക് പ്രവർത്തിക്ക് കാരണമായി തീരുന്ന എന്തായിരിക്കും എന്തിന്റെ ഞാൻ ഏ എന്താണോ കാരണം ആ കാരണത്തിന്റെ ഞാൻ നിങ്ങള് ഞാൻ സംസാരിക്കുന്നതിന് കാരണം എന്താണോ നിങ്ങൾ മുന്നാലേ ഇരിക്കുന്നതാണ് മനസ്സിലാക്കുക അപ്പോ അത് കാരണമാണ് ആ കാരണത്തിന്റെ ജ്ഞാനുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കും നിങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എനിക്ക് പക്ഷേ അറിവില്ല നിങ്ങളുടെ ഉണ്ട് പിന്നെ ഞാൻ സംസാരിക്കും എന്തുകൊണ്ട് കാരണത്തെ കുറിച്ച് എനിക്കറിയില്ല അപ്പോ കാരണസത്ത പോലെ അവിടെ പ്രവർത്തിക്കും കാരണത്തിന്റെ കുറിച്ചുള്ള ജ്ഞാനം വേണ്ട പക്ഷേ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിന് എന്താണ് കാരണത്തിന്റെ സത്തമതി പ്രവർത്തിക്കും കാരണത്തെ കുറിച്ചുള്ള വേണ്ട അല്ലെങ്കിൽ പിടിയിട്ടിയാണ് പ്രവർത്തിക്കും പ്രവർത്തിക്ക് പ്രവൃത്തിക്ക് കാരണമായിരിക്കുന്നതിന്റെ ജ്ഞാനം ചില പ്രവൃത്തിക്ക് കാരണമാവും ചിലടത്ത് പ്രവൃത്തിക്ക് കാരണമായിരിക്കുന്നതിന്റെ സത്ത പ്രവൃത്തിക്ക് കാരണമാവും രണ്ടു കാര്യവും പറഞ്ഞു ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി പറയുന്ന കാര്യം മനസ്സിലാവൂ മനസ്സിലാവുന്നുണ്ടാവും അതായത് ഞാൻ സംസാരിക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലായോ ഈ പ്രവൃത്തിക്ക് കാരണം വേണോന്ന് മനസ്സിലായോ വീണ്ടും ചോദിക്കുന്നിടത്തുനിന്നില്ലേ എനി ചേടാതെ എന്റെ പ്രവൃത്തിക്കൊരു കാരണം വേണോന്ന് മനസ്സിലായോ പല കാരണങ്ങളും ഉണ്ടാകും ഒരു കാരണമാണ് എന്റെ കോശങ്ങൾ അപ്പൊ സംസാരിക്കുക എന്ന് പറയുന്നത് പ്രവർത്തിക്കുക എന്റെ കോശങ്ങൾ ഉണ്ടായിരുന്ന അവധി ഞാനത് അറിയണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് എന്നുവെച്ചാ ഉണ്ടായിരുന്ന അവധി എന്നുവെച്ചാ കോശങ്ങളുടെ സത്ത കാരണമാണ് ഇനി ഞാൻ സംസാരിക്കുന്നതിന് കാരണമാണ് നിങ്ങളല്ല കൂടെ ഇരിക്കുന്നത് ഞാൻ സംസാരിക്കണെങ്കി നിങ്ങളുടെ സത്ത നിങ്ങളോട്ട് ഉണ്ടായിരുന്ന പോലെ പിന്നെ എന്തുവേണോ ഞാൻ അറിയണം ഇത്രേ പറഞ്ഞു ഇപ്പൊ മനസിലായോ എന്താണോ കാരണോ അതിന്റെ സത്ത പ്രവർത്തിക്ക് കാരണമാവും ചിലടത്ത് അതിന്റെ അറിവ് പ്രവർത്തിക്കുക കാരണമാവും ഇപ്പൊ മനസ്സിലായോ കൂടുതൽ ഞാൻ ചോദിക്കുന്നുണ്ട് ചോദിച്ചാൽ വീണ്ടും ഞാൻ പറയേണ്ടി വരും ഇവിടെ നിർത്ത ഇതേ ചോദ്യത്തിനോട് ചോദിക്കണം ഇവിടെ പറയുന്ന എന്താണ് യഥാർത്ഥ ജ്ഞാനവും ഈ ബ്രഹ്മസ്ഥലവും ബ്രഹ്മുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബ്രഹ്മം എന്ന് മനസ്സിലാക്കണം അനിതാഖ്യാതി വരെ താർക്കികന്മാരെ യഥാർത്ഥ ജ്ഞാന ബ്രഹ്മസ്ഥലവും ഇവിടെ രണ്ടടുത്തൊന്നാണ് ഭേദാഗ്രഹം എന്ന് പറയുന്ന സാദൃശ്യമുണ്ട് യഥാർത്ഥ ജ്ഞാനവും ഇവിടുമായിട്ട് ഭേദാഗ്രഹവും പറയുന്ന സാദൃശ്യമുണ്ട് ഈ സാദൃശ്യം ത്തിന്റെ ജ്ഞാനമാണോ പ്രവൃത്തിക്ക് ഹേതുവാകുന്നത് എന്താണ് കുരിഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് അതോ കേവലം അതിന്റെ സത്തയാണോ പ്രവർത്തിക്ക് ഹേതു മനസ്സിലായോ രചനം കാണുമ്പോൾ കുരിഞ്ഞെടുക്കാൻ ശ്രമിക്കുമല്ലോ ബ്രഹ്മസ്ഥലത്ത് അപ്പോൾ അതിന് കാരണം സാദൃശ്യജ്ഞാനമെന്ന് പറയും സാദൃശ്യം എന്ന് പറയും ആ സാദൃശ്യം എന്ന് പറയുന്ന അതിന്റെ ജ്ഞാനമാണോ പ്രവർത്തിക്കുക ചെയ്തു അത് കേവലം ആ സാദൃശ്യമാണോ അതിന്റെ സത്തയാണോ എന്നാണ് ചോദിക്കുന്നത് ആരാരോട് ചോദിക്കുന്നു പാർക്ക് ചെയ്യാൻ അഖ്യാതിവാദിയോട് ചോദിക്കും മനസ്സിലായോ ഈ ഫ്ലാസ്കിനകത്ത് വെള്ളമുണ്ട് ഇങ്ങോട്ട് ിന്റെ അകത്ത് വെള്ളമുണ്ട് ഈ ഫ്ലാസ്കിന്റെ അകത്ത് വെള്ളം ഇരുന്നു കഴിഞ്ഞാൽ ഞാനത് അറിഞ്ഞില്ലെന്ന് വെച്ചോ ഞാനിതടുത്ത് കുടിക്കാൻ ശ്രമിക്കും അപ്പോൾ കേവലം ഇതിൻ്റെ അകത്തുണ്ട് അതിന്റെ സത്ത എന്റെ പ്രവൃത്തിക്ക് കാരണമുണ്ട് പിന്നെ ഞാൻ ഇതെടുത്ത് കുടിക്കാൻ ശ്രമിക്കണമെങ്കിൽ എന്തു വേണം ഇതിന്റെ ജ്ഞാനം വേണം അതാണ് ചോദിക്കുന്നത് യഥാർത്ഥ സ്ഥലവും പ്രാന്ത സ്ഥലവും തമ്മില് ഏതാഗ്രഹ സാദൃശ്യമുണ്ട് ഈ സാദൃശ്യം അതിന്റെ ജ്ഞാനമാണോ പ്രവർത്തിക്ക് കാരണമത് കേവലാ സാദൃശ്യ സത്ത അതുകൊണ്ട് അതാണോ പ്രവർത്തിക്കുന്ന ഉത്തരം പറയാൻ പറ്റട്ടെ ചോദിക്കുന്നില്ലേയുള്ളു ചോദ്യം മനസ്സിലാക്കി പിന്നെ ഉത്തരത്തിൽ ജ്ഞാനം പ്രവൃത്തിക്ക് എല്ലായിടത്തും കാരണമാണോന്നില്ല അതിനാണ് ഞാൻ നേരത്തെ കോശങ്ങളുടെ ഉദാഹരണം എല്ലായിടത്തും ജ്ഞാനം വേണമെന്നില്ല പ്രവൃത്തിക്ക് കാരണം ജ്ഞാനം വേണമെന്നില്ല ചെറുത്ത് എന്താണ് കേവലം സത്ത മാത്രം മതി പ്രവൃത്തിക്ക് മനസ്സിലായോ അജ്ഞാത സത്ത അജ്ഞാതമായ സത്തയും പ്രവൃത്തിക്ക് കാരണമാകും ചിലയിടത്ത് അത് ജ്ഞാതമാകും പ്രവൃത്തിക്ക് പൊതുവായി വരുന്ന ചില കാര്യങ്ങളാണ് ചില സിദ്ധാന്തങ്ങളാണ് അതിനോട് ചോദ്യം ചോദിക്കണം അധ എന്ന് വെച്ച പക്ഷാന്തരത്തെ കാണിക്കണം ചോദ്യത്തെ കാണിക്കണം സമീചീനജ്ഞാന സാരൂപ്യം സമീചീനജ്ഞാന സാരൂപ്യംന്ന് വെച്ചാൽ യഥാർത്ഥ ജ്ഞാനവും സാദൃശ്യം ഭ്രമത്തിലുള്ള സാദൃശ്യം എന്താണ് ഭേദാതിര അനയോഹോ എന്താണ് ഇവിടെ പറയുന്ന ഗ്രഹണവും സ്മരണയും ബ്രഹ്മസ്ഥലത്ത് അല്ലെങ്കിൽ ഹിതവും രജതവും നേരത്തെ പറഞ്ഞല്ലോ അനയോ എന്ന് പറയും ഈ രണ്ടെണ്ണത്തിൽ അവിടുമായിട്ട് സാദൃശ്യമുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ബ്രഹ്മസ്ഥലത്ത് വരുമ്പോൾ ഹിതവും രജതവും രണ്ടിലും ഭേദാഗ്രഹമുണ്ട് അവിടെയും ഇതും രചിതും തമ്മിൽ ഭേദാഗ്രഹമുണ്ട് അത് സാരൂപ്യംന്ന് വെച്ചാൽ സാദൃശ്യം അനയോ എന്ന് വെച്ചാൽ ഇതം രചിതം ഗ്രഹ്യമാണോമ്പാ വ്യവഹാര പ്രവൃത്തി ഹേതു അതറിഞ്ഞിട്ടാണോ അത് വ്യവഹാര പ്രവൃത്തിക്ക് ഹേതുവാകുന്നത് അതോ ഗ്രഹ്യമാണം മാറിയാതെ എന്ന് വെച്ചാൽ സത്താ മാത്രാണോ അത് പ്രവർത്തിക്കുക സാദൃശ്യത്തെ അറിയുമ്പോഴാണോ അത് പ്രവൃത്തിക്ക് കാരണമാകുന്നത് കുഞ്ഞെടുക്കാൻ പോകുന്ന അതോ കേവലം സാദൃശ്യമുണ്ട് അറിയുന്നില്ല അറിയാതിരുന്നാലും പ്രവൃത്തി സംഭവിക്കണോ സാദൃശ്യം എന്തായാലും ഉണ്ടല്ലോ യഥാർത്ഥ സ്ഥലവും ബ്രഹ്മസ്ഥലത്തിലും എന്താണ് സാദൃശ്യമുണ്ട് ആ സാദൃശ്യത്തെ അറിയുമ്പോഴാണോ ഒരാളത് കുഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് അതേ കേവലം സാദൃശ്യമുണ്ട് അതുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് ഇതിന്റെ ആന്തൃത്തെ പക്ഷം എടുക്കുകയാണ് കുറച്ചുകൂടി ചോദ്യം സങ്കീർണമാക്കുകയാണ് ഈ ആദ്യത്തെ ചോദ്യം മനസ്സിലായാലേ ഇത് മനസ്സിലാകത്തും അപി ആദ്യത്തെ പക്ഷം എടുക്കാം ഇതം രചതം യഥാർത്ഥ സ്ഥലത്തു കൊണ്ട് ബ്രഹ്മസ്ഥലത്തുകൊണ്ട് ഇവിടെ ഒരു സാദൃശ്യമുണ്ട് ഇതര ഭേദാഗ്രഹം അത് അറിഞ്ഞിട്ടാണ് പ്രവർത്തിക്കുക കാരണമെന്ന് പറയുന്നത് കുഞ്ഞെടുക്കണമെങ്കിൽ എന്തുണോ ആ സാദൃശ്യത്തെ അറിയണം എന്നുള്ള പക്ഷത്തെ അറിഞ്ഞിട്ടാണ് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും രണ്ട് ചോദ്യം ചോദിക്കുകയാണ് വീണ്ടും അതിൽ അറിയുന്നു എന്ന് പറയുന്ന പക്ഷത്തിൽ അറിയാ അറിയുന്നില്ല സത്താന്നുള്ള പക്ഷം കിടക്കുകയാണ് അതിലിപ്പോ തൊടുന്നില്ല അറിയുന്നു എന്ന് പറയുന്ന പക്ഷത്തിൽ ഒരു വികല്പം ചോദ്യം എന്താണ് സമീചിതജ്ഞാന സാരൂപ്യം അനയോഹോ ഇതമിതി രജതമിരിച ജ ഞാനയോഹോ ഇത് എന്താണ് നിങ്ങൾക്ക് ജ്ഞാനം ഉണ്ടായത് സമീചീനജ്ഞാന സാരിഥ്യം യഥാർത്ഥ ജ്ഞാനവുമായിട്ട് സാധരിച്ചുകൊണ്ട് ബ്രഹ്മസ്ഥലത്ത് യഥാർത്ഥ ജ്ഞാനം ഇതം പ്രയോഗവും യഥാർത്ഥ ജ്ഞാനം അതുമായിട്ട് ബ്രഹ്മസ്ഥലത്ത് സാദൃശ്യമുണ്ട് എന്താ സാദൃശ്യം ഹിതമെന്നും രജതമെന്നും പറയുന്ന ഈ രണ്ട് ജ്ഞാനമുണ്ടല്ലോ ഹിതം രജതം അതിന്റെ സാരൂപ്യം ഇവിടെയുണ്ട് എന്ന് അറിയുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് എന്നാൽ ചോദിക്കുന്നു അതാണ് സമീചീനജ്ഞാന സാരൂപ്യം യഥാർത്ഥ ജ്ഞാനത്തിന്റെ സാദൃശ്യം ഇവിടെയാണ് അങ്ങനെ അനയോഹോ എന്ന് വെച്ചാൽ അനയോഹോ ജ്ഞാനയോ രണ്ട് ജ്ഞാനങ്ങൾ എന്തൊക്കെ ജ്ഞാനം ഹിതമിതി രജതമിതി രതമെന്നും പറയുന്ന ഈ രണ്ട് ജ്ഞാനങ്ങളിൽ ബ്രഹ്മസ്ഥലത്തുള്ള ഈ ജ്ഞാനത്തിന് യഥാർത്ഥ സ്ഥലത്തുള്ള ജ്ഞാനവുമായിട്ട് സാദൃശ്യമുണ്ട് എന്താണ് സാധൃശ്യം യഥാർത്ഥ സ്ഥലത്ത് എന്താണ് ജ്ഞാനം ഇതൊന്നും രഹതോന്നും ഇവിടെ എന്താണ് ജ്ഞാനം ഹിതൊന്നും രഹതോന്നും ഈ സാദൃശ്യത്തെയാണോ നിങ്ങൾ പറയുന്നത് യഥാർത്ഥമായ സ്ഥലത്ത് ഇതം രഹിതം എന്നുള്ള ഞാനുണ്ടോ യഥാർത്ഥമായ കാണുമ്പോതമെന്നുള്ള ഞാനുണ്ടോ ചോദിച്ചി ബ്രഹ്മസ്ഥലത്ത് ഇതം രഹിതം എന്നുള്ള ഞാനുണ്ടോ അസാദൃശ്യം ഉണ്ടല്ലോ അതാണോ നിങ്ങള് പറയുന്ന എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയ സാദൃശ്യം ഇതാണോ ഇങ്ങനെ ഒരു സാദൃശ്യത്തെ നിങ്ങൾക്ക് അറിയാം എന്നാണോ പറയുന്നത് എന്നാണ് ചോദിക്കുന്നത് ആരാരോട് ചോദിക്കുന്നു ആരാരോട് ചോദിക്കുന്നു കാർക്കികോട് ചോദിക്കുന്നു യഥാർത്ഥ സ്ഥലത്ത് ഇതം ജ്ഞാനമുണ്ട് അതിന്റെ സാദൃശ്യം ബ്രഹ്മസ്ഥലത്തും ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാം ഈ സാദൃശ്യത്തെയാണോ നിങ്ങൾ അറിയുന്നത് എന്ന് പറയുന്നത് അളവ് ചോദ്യം മനസ്സിലായ സമീചീനജ്ഞാന സാരൂപ്യം അനയോഹോ ജ്ഞാനയോഹോ യഥാർത്ഥ ജ്ഞാന സാരൂപ്യം ഉണ്ട് ഈ രണ്ട് ജ്ഞാനങ്ങൾക്കും എന്താണോ ഇതമിതി രജതമിതി ഈ രണ്ട് ജ്ഞാനങ്ങൾക്കും ഇത് ഗ്രഹണം എന്നുള്ള സാദൃശ്യജ്ഞാനമാണോ ഇത് ഗ്രഹണം എന്നുവെച്ചാൽ സാദൃശ്യജ്ഞാനം എന്നുള്ള സാദൃശ്യഞാനമാണോ നിങ്ങൾക്കുള്ളത് അതോ ഈ വികല്പങ്ങൾ ഇങ്ങനെ കൂടി കൂടി കൂടി വരുമ്പോഴത്തേക്കും ഇതെല്ലാം മനസ്സിന്നാലേ അത് അതിനെ ഉൾക്കൊണ്ടാലേ ഇത് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകും അതോ അഥവാ ഇനി അടുത്തപക്ഷം ചോദിക്കുന്നു അഥവാ തയോരേവ സ്വരൂപതോ വിഷേദശ്ച മിതോ ഭേദഗ്രി ഗ്രഹണം ഇനി സാദൃശ്യം ഞാൻ നിങ്ങൾക്കുണ്ടാകുന്നത് എങ്ങനെ തയോരേവ സ്വരൂപതോ വിഷേദശ് മിതോ ഭേദഗ്ര ഭേദഗ്രഹം ഇതോന്നുള്ള ജ്ഞാനത്തിലും രചതോ എന്നുള്ള ജ്ഞാനത്തിലും ഇതോന്നുള്ള ജ്ഞാനത്തിന്റെ വിഷയത്തിലും രചതോന്നുള്ള ജ്ഞാനത്തിന്റെ വിഷയത്തിലും ഏതാഗ്രഹമുണ്ടെന്നുള്ള ജ്ഞാനമാണ് ചോദിക്കുന്നത് ഏതാഗ്രഹ സാദൃശ്യം ഉണ്ടെന്നുള്ള ജ്ഞാനമാണ് യഥാർത്ഥ സ്ഥലത്ത് ഭേദാഗ്രഹമുണ്ട് അതുപോലെ ബ്രഹ്മസ്ഥലത്തും ജ്ഞാനങ്ങളിലും വിഷയങ്ങളിലും ഭേദാഗ്രഹമുണ്ടെന്നുള്ള ജ്ഞാനമാണോ പ്രവർത്തിക്കുകയതു ബ്രഹ്മസ്ഥലത്ത് എന്താണോ മിതമെന്നും രേതമെന്നുമുള്ള രണ്ട് ജ്ഞാനമൊന്നും പ്രത്യക്ഷം മറ്റൊന്ന് സ്വന്തം പിന്നെ അതിന്റെ രണ്ട് വിഷയങ്ങളുണ്ട് ഇവിടെ രണ്ടിടത്തും യഥാർത്ഥ സ്ഥലത്തുള്ളതുപോലെ തന്നെ അവിടെ ഭേദാഗ്രഹം ഉണ്ടല്ലോ അതിന്റെ സാദൃശ്യം ഇവിടെ ഉണ്ട് എന്നുള്ള ജ്ഞാനമാണോ പ്രവൃത്തിക്ക് കാരണമാകുന്നത് ഈ രണ്ട് ചോദ്യങ്ങളിൽ വരുന്ന വ്യത്യാസമുണ്ടെന്ന് ആദ്യത്തെ ചോദ്യം ഇതാണ് യഥാർത്ഥ സ്ഥലത്ത് ഇതം രേതം എന്നുള്ള ജ്ഞാനമുണ്ട് യഥാർത്ഥ സ്ഥലത്ത് ആ ജ്ഞാനത്തിന്റെ സാദൃശ്യം ബ്രഹ്മസ്ഥലത്തുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത് അതോ ഭേദാഗ്രഹത്തിന്റെ സാദൃശ്യം ഇവിടെയുണ്ട് അതിൽ തന്നെ യഥാർത്ഥ സ്ഥലത്തിന്റെ ഇതം രേ എന്നുള്ള ജ്ഞാനത്തിന്റെ സാദൃശ്യം ഇവിടെയുണ്ട് അത് ഞാൻ അറിയുന്നു അതുകൊണ്ട് പ്രവർത്തിക്കുന്നു അതോ യഥാർത്ഥ സ്ഥലത്ത് ഭേദാഗ്രഹമുണ്ട് അതിന്റെ സാദൃശ്യം ഇവിടെയുണ്ട് അതറിയുന്നു ഞാൻ പ്രവർത്തിക്കുന്നു ഇതെന്താണ് നിങ്ങൾ പറയുന്നത് നമ്മുടെ വ്യത്യാസം മനസ്സിലാവും ഒന്ന് പറയുന്നത് എന്താണോ യഥാർത്ഥ സ്ഥലത്ത് ഹിതം ജ്ഞാനമുണ്ട് അതിന്റെ സാദൃശ്യം ബ്രഹ്മസ്ഥലത്തുണ്ട് ആ ജ്ഞാനം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു ഒരു പക്ഷം രണ്ടാമത്തെ പക്ഷം എന്താണോ യഥാർത്ഥ സ്ഥലത്ത് ബ്രഹ്മസ്ഥലത്തും ഭേദാഗ്രഹവും ഉണ്ട് അതിന്റെ സാദൃശ്യമുണ്ട് ബ്രഹ്മസ്ഥലത്തും അതിന്റെ ജ്ഞാനം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു ഇത് എന്താണ് നിങ്ങൾ പറയുന്നത് ഒരിടത്ത് പറയുന്നത് രണ്ട് ജ്ഞാനങ്ങളുടെ സാദൃശ്യത്തിന്റെ ജ്ഞാനമാണ് രണ്ടാമെന്ന് പറയുന്നത് വേദാഗ്രഹത്തിന്റെ സാദൃശ്യത്തിന്റെ ജ്ഞാനമാണ് ഏതാണ് പ്രവർത്തിക്കുന്നത് ഒന്നാമത്തെ പക്ഷം എന്താണ് ഒന്നാമത്തെ പക്ഷേ ഇത്രയും പറഞ്ഞാൽ പോരാ എന്ന് പറഞ്ഞാൽ പോരാ ആ പറഞ്ഞതിന്റെ അടുത്തു മത്തി അറിയുന്ന ഞാനുണ്ടായി എങ്ങനെയാണ് നല്ലവർ ആകാശത്തിൽ ആകാശത്തെ ആ ശക്തി നടിക്കുന്നുണ്ട് ഹം ഞാനിന്റെ ആഗ്രഹയാണ് ആ താമസിക്കുന്നു ഈ കാലമരെ നമ്മൾ നടസേ ടെൻഷൻ വരെയാണ് ഉണ്ട് എന്നേദിവസം ഹം രാഷ്ട്രസന്ദ ആകാശത്തിൽ ആ ഞാൻ നടാണ് ഹം രണ്ടെടുത്തു 있는데요 അതുകൊണ്ട് തന്നെ ബ്രഹ്മസ്ഥലത്ത് യഥാർത്ഥ ജ്ഞാനത്തിന്റെ സാദൃശ്യമുണ്ട് ആ സാദൃശ്യജ്ഞാനമാണോ പ്രവർത്തിക്കേതെന്നാണ് ആദ്യത്തെ പക്ഷം രണ്ടാമത്തെ പക്ഷം എന്താണ് കേരളത്തിന്റെ സാദൃശ്യമാണ് ആ ഭേദാഗ്രഹ ജ്ഞാനമാണോ ഭേദാഗ്രഹ്ഞാനല്ല ഭേദാഗ്രഹ്ഞാനമെന്നല്ല ഞാൻ പറഞ്ഞു ആ ഭേദാഗ്രഹത്തിന്റെ സാദൃശ്യങ്ങാ ഭേദാഗ്രഹം രണ്ടെടുത്തോണ്ടെന്ന് പറഞ്ഞാലും പോരാ ആ ഭേദാഗ്രഹത്തിന്റെ സാദൃശ്യം ബ്രഹ്മസ്ഥലത്തുണ്ട് അതിന്റെ ജ്ഞാനമാണോ പ്രവർത്തിക്കേതു ജ്ഞാനം പ്രവർത്തിക്കേതും എന്ന് പറയും ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു സാധ്യത യഥാർത്ഥ സ്ഥലത്ത് ഇതെന്റേതോന്നുള്ള സാദർശ്യം യഥാർത്ഥ സ്ഥലത്ത് യഥാർത്ഥ സ്ഥലത്ത് ഇതെന്റേതോന്നുള്ള ജ്ഞാനമാണ് ബ്രഹ്മസ്ഥലത്ത് ഇതം രഥോ എന്നുള്ള ഞാനുണ്ട് അതുകൊണ്ട് യഥാർത്ഥ സ്ഥലത്തുള്ള ഇതരെന്ന് പറയുന്ന ജ്ഞാനത്തിന്റെ സാദൃശ്യം ബ്രഹ്മസ്ഥലത്തുണ്ട് ആ സാദൃശ്യത്തിന്റെ ജ്ഞാനമാണോ പ്രവർത്തിക്കുക ഇത്രയും വരണം യഥാർത്ഥ സ്ഥലത്തുള്ള ഇതം എന്ന് പറയുന്ന ജ്ഞാനത്തിന്റെ സാദൃശ്യം ബ്രഹ്മസ്ഥലത്തുണ്ട് അതിനവിടെ ഇതം രേതാണ് അപ്പൊ സാദൃശ്യത്തിന്റെ ജ്ഞാനമാണോ പ്രവർത്തിക്കുകയേതു ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്താണ് ഇതും ആ സാദൃശ്യജ്ഞാനമാണ് ഒരിടത്തുള്ള ഭേദാഗ്രഹത്തിന്റെ സാദൃശ്യ ജ്ഞാനമാണോ പ്രവർത്തിക്കുക കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ അഖ്യാതിവാദിയെ ചിന്തിച്ച് കുഴപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പം ചെറിയ വ്യത്യാസം ഒരിടത്ത് ജ്ഞാന സാദൃശ്യജ്ഞാനം വേറെടുത്ത് ഇതര ഭേദാഗ്രഹ സാദൃശ്യജ്ഞാനം എന്താണ് പ്രവർത്തിക്കുന്നത് എന്തായാലും ജ്ഞാനം പ്രവർത്തിക്കേതും എന്നാണോ പറഞ്ഞത് ാണ് അതിൽ ആദ്യം എന്താണ് ആ ജ്ഞാനത്തിന്റെ സദൃശ്യമാണ് ഈ ജ്ഞാനം എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പ്രവർത്തിക്കുക ഏതോ ആകത്തില്ല എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത് എന്നാ അടുത്ത് പറയുന്നു തത്രീജീന സദൃശ്ഞാനം സമീജീനജ്ഞ അതായത് യഥാർത്ഥത്തിന് സദൃശമാണ് ഈ ജ്ഞാനം എന്ന് ബ്രഹ്മസ്ഥലത്ത് ആ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് ഒരു സാഹസ്യം ഉണ്ടായാൽ അതൊന്ന് പ്രവൃത്തി ഉണ്ടാകും മനസ്സിലായത് യഥാർത്ഥ സ്ഥലത്ത് ഇത് രഹിതമെന്നറിഞ്ഞു ബ്രഹ്മസ്ഥലത്ത് അവിടെയുണ്ടായ ആ ജ്ഞാനത്തിന് സദൃശമാണ് ഇവിടത്തെ ഈ രഹിതജ്ഞാനം എന്നുള്ള ആ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞു അതുകൊണ്ട് പ്രവൃത്തി കിടക്കത്തില്ല എന്നാരും പറയുന്നു അനിതാഖ്യാതിവാദി പറയുന്നു അവരെ ഖണ്ഡിക്കുകയാണ് അപ്പൊ അനിതാഖ്യാതി താർക്കിക അഖ്യാതിവാദിയോട് പറയണം ആ ജ്ഞാനം പോലെയാണ് ഈ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവൃത്തി നടക്കത്തില്ല സമീചീന സദൃശി സമീചന യഥാർത്ഥ ജ്ഞാനത്തിന് തുല്യമാണ് എന്നുള്ള ജ്ഞാനം ബ്രഹ്മസ്ഥലത്തുള്ള ജ്ഞാനം സാദൃശ്യം സമീചീനവെ എങ്ങനെയാണോ ആദ്യത്തെ ജ്ഞാനം അതായത് നമ്മൾ യഥാർത്ഥത്തിൽ കാണുമ്പോൾ എങ്ങനെയാണോ നമ്മൾ അവിടെ പ്രവർത്തിക്കുന്ന അതെടുക്കുന്ന അതുപോലെ ബ്രഹ്മസ്ഥലത്ത് യഥാർത്ഥ ജ്ഞാനമ്യവഹാര പ്രവർത്തകം പ്രവൃത്തിക്ക് അത് കാരണമാകത്തില്ല മനസ്സിലായു യഥാർത്ഥമായി രഹിതത്തിന്റെ ജ്ഞാനം ഉണ്ടായാൽ അവിടെ പ്രവൃത്തി ഉണ്ടാവും കണ്ണത് യഥാർത്ഥമായതും അപ്പൊ രേതത്തെ എടുത്ത് പല പലതും ചെയ്യാൻ തോന്നും പക്ഷെ ബ്രഹ്മസ്ഥലത്ത് ആ യഥാർത്ഥ ജ്ഞാനം പോലെയാണ് ഈ എന്നുള്ള സാദൃശ്യജ്ഞാനം ഉണ്ടായാൽ ഇവിടെ പ്രവൃത്തി അടക്കത്തില്ല ഒരു ഞാനും എടുക്കത്തില്ല കേവല സാദൃശ്യജ്ഞാനം ഉണ്ടായാലും അവിടെ പ്രവർത്തിക്കില്ല എന്തുകൊണ്ട് അവനൊരുദാഹരണം പറയും ഗോസദൃശോ ഗവയഗിരി ജ്ഞാനം ഗവാർത്ഥിനം ഗവയ പ്രവൃത്തി ഒരാള് കാട്ടിലേക്ക് പോകുന്നു പോകുന്നയാളിനോട് ഒരാള് പറഞ്ഞുകൊടുത്തു ഗോ സദൃശോ ഗവയ ഇയാള് ഗവയത്തെ അന്വേഷിച്ചു പോയാണ് കാട്ടുകാള അയാൾക്ക് നേരത്തെ പറഞ്ഞു കൊടുത്ത് ഗോ സദൃശോ ഗവയ പശുവിനെ പോലെയാണ് നാട്ടിലുള്ള കാളയെപ്പോലെയാണ് കാട്ടിലെ കാളയെന്നു പറഞ്ഞു അയാള് കാട്ടിൽ പോയി ഈ കാട്ടുകാളയെ കൊണ്ട് കാട്ടുകാളെ കാട്ടുകാളെ ആളുകൾ അപ്പൊ മുമ്പ് കായത് കാട്ടുകാളെ അറിയത്തില്ലായിരുന്നു അവിടെ പോയി കാട്ടുകാളെ കണ്ടു ഇപ്പൊ ഗോ സദൃശ്യോ ഗവന്നുള്ള ഞാനുണ്ടായി ഇനി ഇയാൾക്ക് ശരിക്കും വേണ്ടത് എന്താണ് ഇയാൾക്ക് കാട്ടുകാടേ അല്ല വേണ്ടത് ഇയാൾക്ക് വേണ്ടത് ഗോവിനെയാണ് ഇയാൾക്ക് ആവശ്യമുള്ള എന്തിനാണ് ഗോവിന് ഇയാൾ കാട്ടിച്ചെന്നപ്പോൾ ഇയാൾക്ക് ഗവജ്ഞാനം ഉണ്ടായി എങ്ങനെയാ ഗോ സദൃശോ ഗവയോ ഇയാൾക്ക് വേണ്ടത് യഥാർത്ഥമായ ഗോവിനെയാണെങ്കിൽ അതാണ് അയാൾക്ക് വേണ്ടതെങ്കിൽ ഗോസദൃശോ ഗവയ എന്നുള്ള ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് അയാളിൽ ആ ഗവയത്തിൽ പ്രവൃത്തി ഉണ്ടാവും അയാക്ക് വേണ്ടത് ഗോവിനെയാണെങ്കിൽ ഉണ്ടാവും പറഞ്ഞൊന്നും മനസിലായി ഇയാള് കാട്ടിലേക്ക് പോയി മുമ്പ് അവരോ പറഞ്ഞുകൊടുത്തനുസരിച്ച് അവിടെ കാട്ടുകാളയൊക്കെ മനസ്സിലായി അപ്പൊ അയാൾക്ക് ഉണ്ടായി എന്നാണ് ഗോസദിച്ചോയോ ഗോവിനെ പോലെ ഇരിക്കുന്നതാണ് ഗവയം ഇന്ന് ബോധമുണ്ടായി ഗവയത്തെ കുറിച്ച് ബോധമുണ്ടായി പക്ഷെ ഇയാൾക്ക് ഗവയം എന്താ വേണ്ടത് വേണ്ട എന്താണ് ഗോവിന ഇയാളുടെ ഉള്ളിലിപ്പന്ത് ഞാനുണ്ടായി ഗോവിനെ പോലെ ഇരിക്കുന്നതാണ് ഗവയവെന്ന് ഞാനുണ്ടായി ഇയാൾക്ക് വേണ്ടത് ഗോവാണെങ്കിൽ ഇയാള് ഗവയത്തിനെ പിടിക്കാൻ പോകുന്ന അതാണ് മനസ്സിലാക്കുന്നത് അയാൾക്ക് ജ്ഞാനം ഉണ്ടായതെന്താണ് ഗോവിന് സദൃശമാണ് ശരിയായ ജ്ഞാനമുണ്ടായി ഇപ്പൊ അതവിടെ ഞാൻ കിട്ടുന്നത് ഇയാള് യഥാർത്ഥമായ രഹിത ഇയാൾക്ക് അറിയാം പിന്നെ ബ്രഹ്മസ്ഥലത്ത് അയാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നു യഥാർത്ഥമായ രജതജ്ഞാനത്തിന് സദൃശ്യമായി ഇവിടെ കിടക്കുന്ന രജത ഇപ്പൊ ഉണ്ടായ രഹിതജ്ഞാനം യഥാർത്ഥമായ രഹിതജ്ഞാനത്തിന് സദൃശ്യ അയാൾക്ക് വേണ്ട എന്താണ് യഥാർത്ഥ രഹിതം ഇപ്പൊ യഥാർത്ഥ രഹിതം വേണ്ടത് ഇവിടെ ഈ ബ്രഹ്മസ്ഥലത്ത് പുനിഞ്ഞ് രചതം കൊടുക്കാൻ പോവു എന്തുകൊണ്ട് ആ കാരണം ഇയാൾക്കിപ്പോ ഈ ബ്രഹ്മസ്ഥരത്ത് എന്താ ജ്ഞാനം ഉണ്ടായത് യഥാർത്ഥമായ രജതജ്ഞാനത്തിന് തുല്യമാണ് ഈ ജ്ഞാനം എന്നാ ഉണ്ടായത് ബ്രഹ്മസ്ഥലത്തെ ജ്ഞാനം അപ്പൊ അയാൾക്ക് ശരിക്കും വേണ്ട എന്താണ് രജതമാണ് അപ്പോൾ അയാളിവിടെ കുനിഞ്ഞ് രചത്തെ എടുക്കാൻ ശ്രമിക്കുമോ എന്തുകൊണ്ട് ഇയാളിങ്ങനെ മനസ്സിലാക്കി യഥാർത്ഥമായ രജതജ്ഞാനത്തിന് തുല്യമാണ് എനിക്കിപ്പോൾ ഉണ്ടായ ജ്ഞാനം എന്നുണ്ടായാൽ ർഹിക്കുന്നവൻ ഇവിടെ കുഞ്ഞിയത്തില്ല ഇവിടെ പ്രവൃത്തി ഉണ്ടാകത്തില്ല പക്ഷെ ബ്രഹ്മസ്ഥലത്ത് അങ്ങനെയല്ല രഥത്തെ വേണ്ടവനെന്ത് ചെയ്യുന്നു അവിടെ തന്നെയാണ് കുഞ്ഞിയുന്നത് അതുപോലെ ഗവയത്തെ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി ഗോവ സദൃശോ ഗവയോ അയാൾക്ക് ഒറിജിനൽ ഗോവിനാണ് വേണ്ടതെങ്കിൽ അയാളിവിടെ ഈ ഗവയത്തെ പിടിച്ചു കിട്ടാൻ ശ്രമിക്കില്ല അയാൾ എവിടെ പ്രവർത്തിക്കത്തുള്ളൂ എന്താണ് ഇതം രഹതം എന്ന് പറയുന്ന യഥാർത്ഥ ജ്ഞാനത്തിന് തുല്യമാണ് ഈ ഇതം രഹതം എന്നുള്ള ജ്ഞാനം എന്നും ഒരാൾക്ക് ഉണ്ടായാൽ അതായത് സാദൃശ്യം ഉണ്ടായാൽ ഒരിക്കലും അയാള് ആ ബ്രഹ്മസ്ഥലത്ത് കുനിഞ്ഞ് രഹതം എടുക്കാൻ ശ്രമിക്കില്ല എന്തുകൊണ്ട് യഥാർത്ഥം ഞാൻ കാര്യം മനസിലായി പറയാൻ അറിയുന്നു കാര്യം മനസിലായി പറയാൻ പറ്റുന്നു യഥാർത്ഥമായ രേതത്തെ കണ്ടു ബ്രഹ്മസ്ഥലത്ത് നിന്നപ്പോ അയാളുടെ സാദൃശ്യം ഞാനും എങ്ങനെയാണ് അതുപോലെയാണ് ഇവിടുത്തെ രഹതം ഞാനൊന്ന് അതുപോലെയാണ് ഇവിടുത്തെ രേതം ഞാനൊന്നും ഇവിടെ കുനിയോ രേതത്തെ എടുക്കാൻ അതായത് സാദൃശ്യജ്ഞാനമേ ഉള്ളൂ സദൃശ്യമൊന്നേ ഉള്ളൂ അത് കുനിയണമെങ്കിൽ എന്തേ വേണോ അയാൾക്ക് യഥാർത്ഥ രഹിതജ്ഞാനം വേണം അപ്പോ യഥാർത്ഥമായ രഹിതജ്ഞാനത്തിന് സദൃശ്യമാണ് ബ്രഹ്മസ്ഥലത്തെ ജ്ഞാനം എന്നാണ് ബോധം ഉണ്ടാകണത് അത് പ്രവൃത്തിക്ക് കാരണമല്ല അവിടെയെങ്കിലും പ്രവർത്തിക്കുന്നത് അവിടെ കുനിയത്തില്ല പൊടി കിട്ടിയ കാട്ടിപ്പോയിട്ട് കാട്ടുകാടയെ കണ്ടിട്ട് ഗോ സദൃശ്യമാണ് വയം എന്നുള്ള ജ്ഞാനം അയാക്കുണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടത് ഗവയമല്ല പിന്നെ എന്താണെന്ന് പറഞ്ഞു ഓ അപ്പോ ഈ ഗവയത്തെ പിടിച്ചു കേട്ട ഈ ഗവയത്തെ പിടിച്ചു കേട്ട അയാൾ പോവോ എന്താ പറയുന്നു സാദൃശ്യജ്ഞാനം എന്ന് പറയുന്നത് പ്രവൃത്തി കാരണവിലാ പക്ഷേ ബ്രഹ്മസ്ഥലത്ത് നമ്മൾ കാണുന്ന അങ്ങനെ അല്ല രഹിതമെന്ന് ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അയാൾ കുനിയാണ് അത് അപ്പൊ അവിടെ സാദൃശ്യജ്ഞാനമല്ല പ്രവൃത്തിക്ക് കാരണം എന്നാണ് പറയുന്നത് നിങ്ങള് പറയുന്ന പോലെ രണ്ട് ജ്ഞാനങ്ങളുണ്ടാകുന്ന സാദൃശ്യജ്ഞാനമല്ല പ്രവൃത്തിക്ക് കാരണം ഇവിടെ സാദൃശ്യജ്ഞാനം ഉണ്ടായാൽ പ്രവൃത്തി ഉണ്ടാകുന്നത് ഇവിടെ പ്രവൃത്തി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് സാദൃശ്യജ്ഞാനമല്ല ഇതാണ് പറയുന്നത് മനസ്സിലായ ഉം ബാക്കി ചിന്തിക്കുന്നു ഞാൻ ചിന്തിച്ചിട്ട് കാര്യ കേക്കുന്നവര് ചിന്തിക്കണം പ്രഭാകരനോട് മുട്ടാൻ പോയി കഴിഞ്ഞാ എന്ത് വരും ഇങ്ങനെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ കടന്ന് ചിന്തിക്കേണ്ടി മനസിലായോട് പറയുന്നത് പത്രന്ന സമീചീന സദൃശീരിഞ്ഞാൻ ബ്രഹ്മസ്ഥലത്ത് സമീചീനമായ യഥാർത്ഥ ജ്ഞാനത്തിന്റെ സദൃശ്യമാണ് ഈ ജ്ഞാനം എന്നൊരു അറിവുണ്ടായാൽ സാദൃശ്യജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സമീചീനജ്ഞാനവ സമീചീനജ്ഞാനത്തിൽ എങ്ങനെയാണോ വ്യവഹാരം നടക്കുന്ന അതുപോലെ ന വ്യവഹാര പ്രവർത്തകം ബ്രഹ്മസ്ഥലത്ത് വ്യവഹാരം നടക്കില്ല കുനിഞ്ഞൊരാളെടുക്കത്തില്ല അതിന് പറയുന്ന ഈ ഗോസദൃശോ ഗവരി ജ്ഞാനം ഗോസദൃശ്യമാണ് ഗവയോ എന്നൊരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവാർത്തനം ഗോവിനെ ആഗ്രഹിക്കുന്നവൻ ഗവയെ ന പ്രവർത്തയരി ഗവയത്തിൽ അവൻ പ്രവർത്തിക്കില്ല സാദൃശ്യം കൊണ്ട് അവൻ ഗവയത്തിൽ പ്രവർത്തിക്കത്തില്ല ചിന്തിച്ചു നോക്കുക ഞാൻ എന്ത് പറയാൻ